അവൻ പറഞ്ഞു നാം ആ പാറയ്ക്കടുത്ത് അഭയം തേടിയ സന്ദർഭം നിങ്ങൾ കണ്ടില്ലേ ഞാൻ ആ മത്സ്യത്തെ മറന്നുപോയി ക്ഷെയ്ത്താൻ കാരണമാണ് അത് ഓർക്കാൻ ഞാൻ മറന്നത് അത് അത്ഭുതകരമായ രീതിയിൽ കടലിലൂടെ അതിൻറെ വഴി കണ്ടെത്തിപ്പോയി